അള്ളാഹു സുബഹാനഹൂവറ്റയാലയ്ക്ക് മാത്രമായി ഏകദൈവ വിശ്വാസികളായിരിക്കുക അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കരുത് ആരെങ്കിലും അള്ളാഹുസുബഹാനഹൂവറ്റയാലയോട് പങ്കുചേർക്കുന്നുവോ അവൻ ആകാശത്തുനിന്ന് വീണവനെപ്പോലെയാണ് പക്ഷികൾ അവനെ കൊത്തി അല്ലെങ്കിൽ കാറ്റ് അവനെ വിദൂരമായ ഒരിടത്തേക്ക് പറത്തിക്കൊണ്ടു ചെയ്യും